അവൻ പറയും നിങ്ങൾക്കു മുൻപ് കഴിഞ്ഞുപോയ ജിന്നുകളുടെയും മനുഷ്യരുടെയും സമുദായങ്ങൾക്കൊപ്പം നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കുവിൻ ഓരോ സമുദായവും പ്രവേശിക്കുമ്പോഴും അവർ തങ്ങളുടെ സഹോദര സമുദായത്തെ ശപിക്കും അങ്ങനെ എല്ലാവരും അവിടെ ഒത്തുചേർന്നാൽ അവരിലെ അവസാനത്തവർ ആദ്യത്തെവരോട് പറയും ഞങ്ങളുടെ രക്ഷിതാവേ ഇവർ ഞങ്ങളെ വഴിതെറ്റിച്ചു അതിനാൽ ഇവർക്ക് നരകത്തിൽ ഇരട്ടിശിക്ഷ നൽകണമേ അവൻ പറയും എല്ലാവർക്കും ഇരട്ടിശിക്ഷയുണ്ട് പക്ഷേ നിങ്ങളതറിയുന്നില്ല